ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ശ്രീ സിന്ദാരാം ഭക്ഷേര ചാമ്പ്യം സപ്തമാധ്യം വിധിയേക്കുണ്ടോ യജുദം സാമവേദമാണിതി പഞ്ചമം വേദന പൃശിം ജൈവം നിധിം വക്കിവിദ്യം ബ്രഹ്മവിദ്യം ഭൂതവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യം ദിവം ചൃഥി ചാചകാപ തേജസ് മനുഷ്യംശ്ച പശൂ വയാസി ചണവനസ്പതി കീഡപതംഗീലി അധർമ്മം സത്യം അനർത് അസാധുവാഭവിഷ്യമോ നധർമ്മോ വ്യാപയൻ സത്യം നനൃതം നധു നസാധു നൃദയജോ നൃദയജോ വാഗേ യുദ വിജാതി വാചുപാസേതി സോവാചം ബ്രമീത്യുപേഗതം कामचारो यो वाजम अस्ति भगवो वाचो भुय इती। वाचो चारो वाचं ब्रमेतुपस्थे भूय ते भगवान्ब्रवीत സമീപത്തെ ഉപാസിക്കാൻ പറഞ്ഞു അതിന്റെ ഫലം എന്താണെന്ന് പറയുന്നു യാവനോ ഗതം നാമനോ ഗോചരം തത്രമേ കാമചാരം സ്വവിഷയേ ാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നതിന്റെ ഫലം പറയുന്നു നാമ ഗോചരം ഗതം എന്ന് പറഞ്ഞ അർത്ഥം പറയുന്ന ഗോചരം ഗോചരം എന്ന് പറഞ്ഞ വിഷയം നാമത്തിന്റെ വിഷയങ്ങളിലെല്ലാം യഥാ കാമചാരമചരണം അവന് യഥാ കാമചാരിയാകുന്നു നാമത്തിന്റെ വിഷയവും അവന് സ്വാധീനമാകുന്നു അവന് ഉദാഹരണം പറയുന്നു രാജ്യസയഭൂതി രാജാവ് എങ്ങനെയാണ് തന്റെ രാജ്യത്തിൽ അതിനധീശത്വം ഉണ്ടാകുന്നു സമ്പൂർണമായ അധീശത്വം രാജാവിന് സ്വന്തം രാജ്യത്തിലുണ്ട് അതുപോലെ നാമവിഷയത്തിൽ അവന് അധീശത്വം വരുന്നു നാമത്തിന്റെ വിഷയം എന്താ എന്ന് പറഞ്ഞു അർത്ഥസഹിതമായ നാമം നാമത്തിന്റെ വിഷയം അർത്ഥമാണ് അപ്പോ നാമാർത്ഥ സംബന്ധത്തിൽ പൂർണ്ണമായ അധികാരം ശബ്ദാർത്ഥജ്ഞാനം അയാൾക്ക് പൂർണ്ണമായും ഉണ്ടാകുന്നു അയ്യോ നാമ ബ്രഹ്മേത്യുപാസ്യേത്യസ്ംഹാരാമത്തെ ബ്രഹ്മമായിട്ട് ഉപയോഗിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ അതാണ് ശബ്ദാർത്ഥ ജാനം ശബ്ദാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോ വൈദികമായ ജ്ഞാനം മറ്റു ശാസ്ത്രജ്ഞാനം നാമാർത്ഥമായി ഇവിടെ എന്തൊക്കെ ഗ്രഹിക്കുന്നു അതെല്ലാം നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുക നേരത്തെ പറഞ്ഞു പ്രതിമയും വിഷ്ണുവായിട്ട് ഉപാസിക്കുക പ്രതിമയും വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നവൻ പ്രതിമ എന്താണെന്ന് അറിയാം പക്ഷെ വിഷ്ണു എന്താണെന്നറിയത്തില്ല അറിഞ്ഞ പിന്നെ ഉപാസിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഒട്ടും അറിയാതെ ഉപാസിക്കാൻ കഴിയുമോ അതും കഴിയത്തില്ല കാരണം വിഷ്ണുവിനെ കുറിച്ച് അവന് ഭാവനയുണ്ട് ചതുർബാഹു സംഘ ചക്രഗദാധരൻ ഒക്കെ ഒരു വിഷ്ണുവിന്റെ ഭാവനയുണ്ട് പ്രതിമയില് ആ ഭാവന അപ്പോൾ അറിഞ്ഞിട്ടല്ല ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ വിഷ്ണുവിന്റെ രൂപത്തെ മനസ്സിലാക്കിയിട്ട് ആ ഭാവനയ്ക്കൊരാലംബമായി പ്രതിമയെ സ്വീകരിക്കും അതുപോലെ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ നാമത്തെ അറിഞ്ഞിട്ട് ഉപാസിക്കാൻ പറ്റി എന്തായിട്ടുള്ള ബ്രഹ്മത്തെ നാമം അറിയാം ശബ്ദം നാമാത്മകമായ ശബ്ദം പക്ഷെ ബ്രഹ്മത്തെ അറിയത്തില്ലല്ലോ വിഷ്ണുവാണെങ്കിൽ അങ്ങനെ ധ്യാനിച്ചാൽ സാക്ഷാത്കരിക്കാൻ പറ്റിയ രൂപമാണ് ബാഹ്യമായോ ആന്തരികമായോ ഒക്കെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കും കാരണം അതൊരു ദേവതാ രൂപമാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചോളം നാമരൂപരഹിതമായ ഒന്നാണ് അമ്മ നാമത്തെ ബ്രഹ്മം എന്നങ്ങനെ ഉപാസിക്കാൻ പറ്റും വിഷ്ണു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോ വാക്കിനും ബുദ്ധിക്കും വിഷയമില്ലാത്ത ഒന്നായിട്ട് അപ്പോ അവിടെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെയും ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഭാവന ബ്രഹ്മപരമാണ് ശ്രേഷ്ഠമാണ് ബൃഹത്താണ് ഈ തരത്തിലുള്ള ഭാവനയാണ് സർവോപരി ശ്രേഷ്ഠമായത് എന്നുള്ള ഭാവന ആ ഭാവനയിൽ നാമത്തെ ഉപാസിക്കുക എന്നാണ് അതിന്റെ താല്പര്യം അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പ്രതിമയില് കൃഷ്ണി എന്ന് പറയുന്നത് ബ്രഹ്മം ബൃഹത്താണ് അതിലും ബൃഹത്തായൊന്നുമില്ല ബ്രഹ്മം പരമാണതിലും പരമായ ഒന്നല്ല എന്ന് അത്തരം ഭാവനകള് അല്ലാതെ കേവലം ബ്രഹ്മശബ്ദം കൊണ്ട് ഭാവന കുടുംബശ്ദത്തിലൂടെ എന്താണോ സൂക്ഷിക്കുന്നത് അതെല്ലാം നാമത്തെ സംബന്ധിച്ച് ഭാവന ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ നാമായി പരമായി ശ്രേഷ്ഠമായി സർവോത്കൃഷ്ടമായി അപ്പൊ നാമത്തിലൂടെ എന്താണോ നേടേണ്ടത് ഒരു ജീവൻ അതെല്ലാം ആ ഉപാസനയുടെ ഫലമായ നാമത്തിലൂടെ എന്തേ നേടാൻ പറ്റൂ നാമഗോചരം ഷയം അതിലവന് സ്വാധീനത വരുന്നു അിക്കിമസ്തി ഭവും നമ്മനോ ഭൂയോ അധികം ശരി പക്ഷെ അതും അതിന്റെയും ഫലം പരിമിതമാണെന്ന് ശബ്ദാർത്ഥങ്ങളെ പറഞ്ഞു നീ എന്തൊക്കെ അറിഞ്ഞോ അതൊക്കെ നാമമാണ് എന്ന് പറയും അതിനെന്താ മഹത്വം എന്തൊക്കെ അറിഞ്ഞോ അതൊക്കെ നാമമാണ് അത് അറിഞ്ഞു കഴിഞ്ഞാണല്ലോ എനിക്ക് സർവവിദ്യകളും അറിയാം സർവശാസ്ത്രങ്ങളും അറിയാം എന്ന് പറഞ്ഞല്ലോ അപ്പോ ഇത് സനക്കുമാരനും എന്റെ ഉപദേശം കൂടാതെ തന്നെ നാല് തന്നെ അറിയാവുന്ന കാര്യമാണ് സിദ്ധാർത്ഥ ആളാണ് ശാസ്ത്രജ്ഞനുള്ള ആളാണ് ുംസ്തിയോ അധികം എന്താ ഇനി നാമത്തെക്കാൾ വലിയ മറ്റെന്തെങ്കിലും ഒന്നുണ്ടോ ബ്രഹ്മദൃം ബ്രഹ്മോപാസനക്ക് പറ്റിയ മറ്റെന്തെങ്കിലും ഉണ്ടോ അന്യദിക്കാമനോ ഭൂയോ അസ്ഥി അതിനെക്കാളും അധിക തരമായിട്ട് വേറെയായിട്ട് അധികം എന്ന് പറഞ്ഞാൽ വേറിട്ട് എന്നുള്ള അർത്ഥമാണോ മാമല്ലാതെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ ധർമ്മമായിട്ട് ഉപാസിക്കാൻ ഭൂയ എന്ന് പറഞ്ഞു മലയാളത്തിൽ പറയുന്ന അധികം വേറിട്ട് മാറി ഇതിനപ്പുറമായി ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ശ്രേഷ്ഠെന്നുള്ള അർത്ഥത്തിലല്ല അസ്ഥി വ്യക്ത യദ്യസ്തി തന്നെ ഭഗവാൻ പ്രമീതു ശരി പറയണം ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉപാസനയാണ് പറയുന്നത് ഇത്തരം ഭാവന ഇതിന്റെ വ്യാഖ്യാനത്തിൽ പലരും ഇതിന്റെ പല രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കും അപ്പോ ഇതിനൊക്കെ പ്രത്യേകതയുണ്ട് കർമ്മത്തിനായാലും ശരി ായാലും ശരി അതിന്റെ താല്പര്യം രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ യുക്തിയിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല യുക്തി ബുദ്ധി അതിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് വേദം ആസ്തികർക്കുള്ളതാണ് അതിന് ശ്രദ്ധയുള്ളവൻ അതിന് പിന്നെ മറ്റു ഗവേഷണവും നടത്തിയിട്ട് കാര്യം െയ്തു കഴിഞ്ഞാൽ മഴയുണ്ടാകും വേറൊരു യാഗം ചെയ്താൽ പുത്രൻ ഉണ്ടാകും വേറെ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഹിരണ്യം പശു വേറെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ശ്രദ്ധയുള്ളവനത് ചെയ്യുക ചില ഫലങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ മരണശേഷം അപ്പൊ ഫലം നേരത്തെ കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയിട്ട് യാഗം ചെയ്യാൻ നോക്കത്തുണ്ട് കാരണം നമ്മളൊരു വാഴ നട്ടു കഴിഞ്ഞാൽ അതിലൊന്ന് കൊല കിട്ടും അവിടെ നമുക്ക് പ്രത്യക്ഷമാണ് രണ്ടും ഇത് രണ്ടും നമ്മളുടെ ബന്ധവും പ്രത്യക്ഷമാണ് പക്ഷെ വൈദികമായ കർമ്മം കർമ്മത്തിന്റെ ഫലം ഉപാസന ഉപാസനകളുടെ ഫലവും പ്രത്യക്ഷം അതിന്റെ ബന്ധം പ്രത്യക്ഷമാണ് ഫലം ചിലടടുത്ത് പ്രത്യക്ഷമാണ് ചിലടത്ത് പ്രത്യക്ഷമാണ് ൗകികമായ കർമ്മവും ഫലവും തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് അറിയാം പാകം ചെയ്ത് കഴിഞ്ഞാൽ അന്നം ഉണ്ടാകും പാകം ചെയ്ത എങ്ങനെ അന്നം ഉണ്ടാകും അത് നമുക്ക് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാം വൈദികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം പിടിയിട്ടെത്തി അതുകൊണ്ടാണ് വൈദികന്മാരായി കൊടുത്തിരിക്കുന്ന പേര് അധിഷ്ഠം അത് ആരും ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് കണ്ടിട്ടില്ലാത്ത കാര്യം ആ ബന്ധം കണ്ടിട്ടില്ലെങ്കിൽ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല അതിന് യുക്തിയില്ല അപൂർവം എന്ന് പറയുന്ന ആ ശബ്ദത്തിനപ്പുറം അതിനെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിന് യുക്തിയൊന്നുമില്ല പരീക്ഷണം നിരീക്ഷണം ഒന്നും അവിടെ നടക്കത്തില്ല ഒന്നുണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോ പുത്രനില്ലാത്തവൻ പുത്രകാമേഷ്ഠയും പുത്രൻ ഉണ്ടാകുന്നതായി കാണുന്നു എങ്ങനെ ഈ കർമ്മത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി ബുദ്ധിക്ക് വിഷയമില്ല യുക്തിയില്ല അവിടെ യുക്തി പ്രവർത്തിക്കത്തില്ല എന്തുകൊണ്ട് അദിഷ്ടമാണ് അധിഷ്ടമല്ലാത്തതിൽ എങ്ങനെ യുക്തി പ്രവർത്തിക്കും ഫലം കണ്ടിട്ട് ഊഹിക്കാതാണ് അപ്പൊ ആ കർമ്മം ചെയ്തുകൊണ്ടാണ് ഈ ഫലം ഉണ്ടായിരുന്നത് യാഗം ചെയ്തതിനു ശേഷം മഴ പെയ്യുമ്പോൾ ഊഹിക്കാം എന്താണ് ആ മഴ പെയ്ത് യാഗം ചെയ്തുകൊണ്ടാണ് യാഗം ഇങ്ങനെ മഴയുണ്ടാക്കി അധിഷ്ടം എന്നെ പറയും അതിഷ്ടമാണ് അതുകൊണ്ട് ഒരാൾ പറയുന്നത് അയ്യോ അതെങ്ങനെ ഇത്രയും പണിച്ചിലവുള്ള യാഗം ചെയ്തിട്ട് ഫലം കിട്ടുമെന്നു ഒരപ്പില്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും അത് സാധ്യമല്ല സാധ്യമല്ലാത്തവനാണ് പറയുന്നത് നാസ്തിക ചാർവാഹൻ അല്ലെങ്കിൽ ചാർവാഹനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളനുസരിക്കാനും തയ്യാറല്ല അന്ധമായി വിശ്വസിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ഗ്രൂപ്പുകാർ അതിൽ നിന്നും മാറി അവൈദികം ആയ കാഴ്ചപ്പാട് അവർക്കുണ്ടായി വൈദികന്മാരങ്ങനെയല്ല അത് ശ്രദ്ധ ശ്രദ്ധ ഉള്ളവർ ചെയ്തോ രണ്ട് ഗ്രൂപ്പായി തിരിയുന്ന ഇതുകൊണ്ടാണ് കർമ്മത്തെ സംബന്ധിച്ചും ഉപാസനെ സംബന്ധിച്ചും അങ്ങനെയാണ് പക്ഷെ തത്വജ്ഞാനത്തെ സംബന്ധിച്ചതല്ല പറയുന്നത് ദുഷ്ടഫലം ക്രതവൃത്തിയതയും മറ്റും തത്വജ്ഞാനത്തിന്റെ ദുഷ്ടഫലമായി പറയുന്നത് അതുകൊണ്ടാണ് അതിന് പ്രാമാണ്യം കൂടുന്നത് അവിടെ യുക്തിക്കൊക്കെ ഉണ്ട് അവിടെ അധിഷ്ഠത്തെ സ്വീകരിക്കുന്നില്ല അധിഷ്ഠത്തെ അംഗീകരിക്കുന്നില്ല ഇവിടെ അങ്ങനെയുണ്ട് തത്വംസി ശ്രവിക്കുക അധിഷ്ഠം ഉണ്ടാകുക പിന്നെ അധിഷ്ഠത്തിൽ നിന്ന് ഫലം ഉണ്ടാകുക ആ വഴിക്ക് പോകുന്നില്ല അവിടെ വ്യക്തി പ്രവർത്തിക്കാം അനുഭവം അവസാനത്തുവാദ അനുഭവത്തെ അവസാനിക്കുന്നു അതാണ് ഇത് അതുകൊണ്ടാണ് നാസ്തികന്മാർക്കും അതിന് തത്വജ്ഞാനത്തിൽ ശ്രദ്ധ വരുന്നു മാസികനും വരാം എന്നുവെച്ചാൽ വേദത്തിൽ ശ്രദ്ധയില്ലാത്തവനും ജ്ഞാനത്തിൽ ശ്രദ്ധ വരാം അങ്ങനെയുണ്ട് വേദത്തെ നിന്ദിക്കുന്നവരും നിഷേധിക്കുന്നവരും എല്ലാം തത്വജ്ഞാനത്തിലും മോക്ഷത്തിലും വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ കർമ്മത്തെ സംബന്ധിച്ചു അതുകൂടി പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോ പലതരത്തിലുള്ള പറഞ്ഞു നാമത്തെ കഴിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കണ്ടല്ലോ വാക്കുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ പോകുന്നുണ്ടോ ഇതെന്താ ഇവയുടെ പരസ്പര ബന്ധം നാമത്തേക്കാൾ അപ്പുറം ഇനി വാക്കിനും അത് ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമാണെന്ന് പറയാൻ വയ്യ പരസ്പര ക്രമബദ്ധമായ രീതിയിലല്ല ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ക്രമം നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യത തുടങ്ങുന്നിടത്ത് എന്നെ വീണ്ടും തിരിച്ചു ഇവിടെ ഇപ്പം മനസ്സിനെ കുറിച്ച് പറയും പിന്നെ അവസാനം വീണ്ടും സ്മൃതിയെക്കുറിച്ച് പറയും എന്റെ ഇടയ്ക്ക് മറ്റു വധവിനെ കുറിച്ച് പറയും പ്രാണനെ കുറിച്ച് ഒരു ക്രമം സൃഷ്ടി ക്രമത്തെ അങ്ങനെയൊരു ക്രമത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ഓരോരോ ഉപാസനകളെ കുറിച്ച് ഇങ്ങനെ മറ്റൊരുപാസന ഇത്തരം ഉപാസനകൾ ഒരാളി തന്നെ ചെയ്യണം ഇതിനെ കുറിച്ച് ഒരുപാട് അബദ്ധ ധാരണകളുണ്ട് ഇതൊക്കെ ഈ പറയുന്നതല്ലാതെ വ്യാഖ്യാനിക്കുന്നതല്ലാതെ ഇത്തരം ഉപാസനകളൊന്നും ആരും ചെയ്യാറില്ല വ്യാഖ്യാനിക്കുന്നവർക്ക് തന്നെ ഇതെങ്ങനെ ചെയ്യണമെന്നു അറിയത്തില്ല എന്താ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ ഇനി ഈ പറയുന്ന തരത്തിൽ ആരെങ്കിലും ഉപാസിക്കുന്നവരുണ്ടോ ഈ പഠിപ്പിക്കുന്നവരടുത്ത് ചോദിക്കുക വ്യാഖ്യാനിക്കുന്നവരടുത്ത് ചോദിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നവരാരും ഇല്ല വായിച്ചവും മനസിലാകത്തുമില്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ഉപാസന തന്നെ വേദത്തിൻ്റെ രണ്ടു തരത്തില പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് കർമ്മസംബന്ധിയായി വരുന്ന ഉപാസന മറ്റൊന്ന് ജ്ഞാനസംബന്ധിയായിട്ട് വരുന്ന ഉപാസന തത്വജ്ഞാനത്തിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ വരുന്ന ഉപാസന ഇതൊക്കെ അതാണ് അവസാനം ഭൂമ എന്ന് പറഞ്ഞ് തത്വത്തെ പറയും ബ്രഹ്മതത്വത്തെക്കുറിച്ച് പറയും അതിനോട് ചേർന്നാണ് ഇത് വരുന്നത് ചിലത്തങ്ങനെയല്ല അതിൻ്റെ ആദ്യഭാഗങ്ങളിൽ വന്ന പലതും കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കർമ്മം അനുഷ്ഠിക്കുന്നവര് തന്നെ ഉപാസന അതിനോട് ചേർന്ന് അനുഷ്ഠിക്കും നമ്മൾ ഉപാസന എന്ന് പറയുന്നത് കേവലം മാനസിക ഭാവന ഈ പറയുന്ന ഉപാസനകള് ഉപാസന എന്ന് പറയുമ്പോൾ ശബ്ദം വേദശബ്ദം വൈദികമായ ശബ്ദം അതിന്റെ അർത്ഥജ്ഞാനത്തോടു കൂടി ആകുമ്പോഴത്തേക്ക് അത് ഉപാസനയായി നമ്മളീ മന്ത്രം ചൊല്ലുന്നു മന്ത്രം ചൊല്ലുമ്പോൾ ഇതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് ഉപാസന ആകത്തില്ല ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഉപാസനയാകത്തില്ല കേവലം ശബ്ദത്തിന്റെ ആവർത്തനം അതിനേം വേണമെങ്കിൽ ആവർത്തനങ്ങളെല്ലാം ഒരു ഉപാസന കേവല ശബ്ദോപാസന പറയാം അപ്പോ അതിനെന്താ അതിനും അധിഷ്ടഫലമുണ്ടാവും പിന്നെ ശബ്ദം ഗ്രഹണം ശബ്ദഗ്രഹണം അർത്ഥഗ്രഹണം അതൊരു ദിഷ്ടഫലമാണ് ലളിതാ സാദസിന് നാമം ചെലുന്ന് എല്ലാ ദിവസവും അർത്ഥം അറിയുന്നത് അധിഷ്ഠമായ എന്തെങ്കിലും ഫലം ഉണ്ടാകാൻ നമുക്കറിയില്ല അന്ധക്കണ്ണത്തിൽ എന്തെങ്കിലും അപ്പൂർവത്തെ സംസ്കാരത്തെ അതുണ്ടാക്കാം നേരിട്ട് കാണാൻ കഴിയുന്നു ദുഷ്ടമായ ഫലം എന്ന് പറയുന്നത് ഇതാണ് ശബ്ദഗ്രഹണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ശബ്ദങ്ങളെല്ലാം നമുക്ക് പുസ്തകം നോക്കാതെ തന്നെ ഓർക്കാൻ കഴിയുന്നു അതാണ് ദുഷ്ടഫലം അതുപോലെ വേദത്തെ സംബന്ധിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നാക്കിലുറയ്ക്കും ഇതൊരു ദുഷ്ടഫലമാണ് അതിനപ്പുറം ഒന്നുമില്ല ഉണ്ട് അദിഷ്ടഫലം ഉണ്ടെങ്കിൽ എന്തെന്ന് നമുക്കറിയാനും കഴിയില്ല അതാന്തൊക്കെ സംസ്കാര രൂപത്തിൽ വരുന്ന സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യക്ഷ ഇനി അർത്ഥബോധത്തോടു കൂടിയാണെങ്കിലും ഇവിടെ അർത്ഥബോധത്തോടു കൂടി ഈ ശബ്ദത്തെ ആവർത്തിച്ചാൽ അത് ഉപാസന അവിടെ എന്തോരുന്നു അർത്ഥത്തെ കുറിച്ചുള്ള ഭാവനയുണ്ട് ഇവിടെ നാമം ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക അപ്പൊ നാമത്തെ സംബന്ധിച്ച് ബ്രഹ്മം ഉത്കൃഷ്ടമായ ഭാവനാമം കേവലം നാമമല്ല സ്ത്രീ അഗ്നിയായിട്ട് ഉപാസിക്കുക സ്ത്രീ കേവലം സ്ത്രീയല്ല അഗ്നിയാണ് അഗ്നി എന്തെന്നറിയാം അപ്പോൾ അഗ്നി ഭാവന സ്ത്രീയിൽ വരുന്നു അത് സ്ത്രീ ശബ്ദത്തിന്റെ അർത്ഥം അറിയാം അഗ്നി ശബ്ദത്തിന്റെ അർത്ഥം അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലത്തട്ടൊരു ഭാവന വരുന്നു ശിലയിൽ വിഷ്ണു എന്നുള്ള ഭാവന വരും പിന്നെ ഇവിടെ ശിലയെന്നുള്ള ഭാവനയില്ല ശിലയെന്നുള്ള ഭാവനയുടെ സ്ഥാനത്താണ് എന്നുള്ള ബോധത്തിന്റെ സ്ഥാനത്താണ് വിഷ്ണു എന്നുള്ള ഭാവന വരുന്നത് തത്കാലത്തേക്ക് നമ്മള് ശില എന്നുള്ള മറക്കുന്നു അത് തൽക്കാലത്തേക്ക് നാമം എന്ന് പറയുന്നതിന് വിടുന്നു മറിച്ച് അർത്ഥസഹിതമായ നാമം ശ്രേഷ്ഠമാണ് ഇത്തരത്തിൽ വരുന്ന ഭാവന വരും ഇനി മറ്റെന്തെങ്കിലും കൊണ്ടുപോവാസന വെച്ചാൽ പറയുന്നത് ഇനി ഉണ്ട് വാസന അങ്ങനെയൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതിലൊന്നും കല്പനകളെ ഒന്നും ക്രൂമായിട്ടൊന്നും കൂടെ പോകുന്നു ഒന്ന് കയറിയിറങ്ങിയൊക്കെ പോകുന്നു നാമത്തെക്കാൾ ശ്രേഷ്ഠമാണ് വാക്ക് അതിനെ കളിച്ച് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല നാമത്തെ ബ്രഹ്മമായിട്ട് വാസിക്കുന്നൊരു വാസന ഇനി മറ്റൊരു വാസന ഇതൊക്കെ ഒരാളാണോ ചെയ്യേണ്ടത് എന്നുമില്ല അത് പലതും ചെയ്യും ഇതെല്ലാം കൂടി ആവർത്തിക്കണമോ അങ്ങനെയാകാം അതേ ഒന്ന് തന്നെ ആവർത്തിച്ചാൽ മതിയോ അങ്ങനെയാകാം കാരണം ഇതേ ഉപാസനകൾ തന്നെ വേദത്തിൽ പല ഭാഗങ്ങളിലും വേറെ രീതിയിൽ വരുന്നുണ്ട് ഈ ക്രമമില്ലാതെ അപ്പൊ അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഉപാസനകളോ ഒരുമിച്ചുള്ള ഉപാസനകളോ അതിനൊന്ന് പറയുന്നു എന്താണോ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നാമം ശബ്ദാർത്ഥജ്ഞാനം ും ശരിയാണ് അത്തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഇതെങ്ങനെ ഉണ്ടാകും അത് നമുക്കറിയാം അതിൽ യുക്തിയൊന്നുമില്ല നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന സയൻസൊന്നും ഇതിൽ പ്രയോഗിക്കാൻ കത്തില്ല അതുകൊണ്ടാണ് ആദ്യമേന്ന് പറഞ്ഞ അധിഷ്ഠം എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മനുഷ്യബുദ്ധിക്ക് പിടികിട്ടത്തില്ല അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഭാവനകൾ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഭാവനയ്ക്ക് അപ്പുറം നമ്മൾ ഭാവനയിലൊന്നും കാണേണ്ട കാര്യമില്ല ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവനയാണ് അതെന്താണെന്ന് വേദം തന്നെ നേരിട്ട് പറയുന്നു എന്താണ് നാമത്തെ ബ്രഹ്മിക്കുക ഇത്രയുള്ളു ജോലി അത് ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്റെ ഫലവും പറയുന്നുണ്ട് ഇന്നതാണ് യാവ നാമനോ ഗതം തഥാകാമചാരോ ഫലവും പറയുന്നത് ഇതാണ് അതിന്റെ ഫലം അപ്പൊ അതില് ശ്രദ്ധയുള്ളവർക്ക് ആസ്തിക്ക് ബുദ്ധിയുള്ളവർക്ക് അത് ഉപാസിക്കും അല്ലാത്തവനും നാസ്തികനെ നിന്ദിക്കാം ഇതൊക്കെ വെറുതെ പറയുകയാണ് അതിന് ജീവൻ സ്വാതന്ത്ര്യം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യും ഇതിനപ്പുറം ഇതിന് പിന്നെ ഒരുപാട് കല്പനകൾ വ്യാഖ്യാനങ്ങൾ അതാണ് ഒരുപാട് കല്പനകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന് മറ്റേ സയൻസാണ് മറച്ച സയൻസാണ് പറയുന്നു ഇത് അങ്ങനെ പറയുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും ഇതില്ലാത്ത ഫലങ്ങളും ഇല്ലാത്ത യുക്തികളും ഒന്നും കർമ്മത്തിലുള്ള ഉപാസന ഇതിൽ ഫലം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി വേറെന്താ ഫലത്തെ പറയാണ് ഇതിന് ഇനി എന്താ യുക്തിയെ കണ്ടുപിടിക്കുന്നു ഇതിൽ ഒന്നും മറ്റുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നോ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും ഇത് തമ്മിലെന്താ പരസ്പര ബന്ധം തിരുത്തിക്ക് നിരക്കുന്ന യാതൊന്നും ഇതിനകത്തില്ല ശ്രദ്ധ അല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല പക്ഷെ അങ്ങനെ അല്ലാതെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട് അത് വ്യാഖ്യാനിക്കുന്നവൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു കേൾക്കുന്നവന്റെ സമാധാനത്തിന് വേണ്ടിയല്ല വ്യാഖ്യാനിക്കുന്നവൻ്റെ ഒരു സമാധാനം കിട്ടത്തില്ല എന്തുകൊണ്ടാണ് അസമാനം കിട്ടാതെ ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്താണെന്ന് മനസ്സിലാകാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവും അസ്വസ്ഥ എന്തെങ്കിലും ഒരു സമാധാന സ്വയം കണ്ടുപിടിക്കും അത് വ്യാഖ്യാനമാണ് അതിനെന്തെങ്കിലും സയൻസോ വ്യക്തിയോ ഒക്കെ അവര് കൊണ്ടുവരും കേൾക്കുന്നവൻ ചിന്തിക്കാത്തവൻ അവന് സമാധാനമാക്കൊള്ളാം വേദം ക്ഷേമമായി അങ്ങനെ സയൻസുണ്ട് മറ്റുമുണ്ട് സമാധാനിക്കും ഇതാ അങ്ങനെ ഒരു വിഷയമല്ല യുക്തിയുടെ വിഷയമല്ല ശാസ്ത്രത്തിന്റെ വിഷയമല്ല കേവല ശ്രദ്ധയുടെ വിഷയം കർമ്മവും ഉപാസനവും ഇനി മറ്റെന്തെങ്കിലും ഉപാസനയുണ്ടോ പറയുന്നു ഇനിയുണ്ടോ ഉപാസന പറയുന്നു ഇത് ഇന്ദ്രിയം ജിഹ്വാമൂലാദീഷു അഷ്ടസുസ്ഥാനേഷു വർണ്ണാണിവഞ്ജകം വാക്കം നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ശബ്ദത്തെയാ പറയുന്നു ആ വാക്കല്ലൂടെ ഒരു പറയുക ഒരു വാക്ക് എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന വാക്കാണ് അതല്ല വാക്ക് എന്ന് ഇന്ദ്രിയം ജിഹ്വാമൂലേഷ അഷ്ടസുസ്ഥാനേഷു വാക്കിന്റെ സ്ഥാനങ്ങളാണ് ജിഹ്വാമൂലം ജിഹ്വാ നാക്കുക അതിന്റെ മൂലം ശിക്ഷകളില് പറയുന്നു പഴേശിമാര് ശിക്ഷകൾ വേദാംഗമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം വർണ്ണങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം പ്രത്യേകിച്ച് സംസ്കൃതത്തിനാണ് പഴയകാലത്ത് ആധുനിക ഭാഷാശാസ്ത്രത്തിൽ അവരും ചിന്തിക്കുന്നുണ്ട് ശിക്ഷയെക്കുറിച്ച് ശബ്ദങ്ങൾ എവിടെ എന്നൊക്കെ വരുന്നത് എങ്ങനെ പുറപ്പെടുന്നു ആധുനിക ഭാഷാശാസ്ത്രം പഠിക്കുന്നവർക്ക് അത് പഠിക്കണം പഴയ കാലത്ത് സംസ്കൃതത്തിന് ശിക്ഷ എന്ന് പറയുന്നത് കൃത്യമായിട്ടും വർണ്ണങ്ങളുടെ സ്ഥാനം പ്രയത്നം ഇതിനെ കുറിച്ച് പറയുന്നതാണ് അതിന് പ്രധാനമായ ഒന്നാണ് പാണിനീയ അങ്ങനെ പല ശിക്ഷകളുമുണ്ട് ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ എങ്ങനെ പ്രയത്നം ശരീര സംഘം അത് സംഭവിക്കുന്നുണ്ട് വ്യാകരണം സിദ്ധാന്തം ചെയ്ത് പഠിക്കുന്നവര് പിടിച്ചിരിക്കും പണിനീയ ശിക്ഷ സംഗ്രഹിച്ചു കൊടുത്തിരിക്കും പ്രയത്നം ആഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നം പ്രയത്നത്തെ രണ്ടായിട്ട് പറയും ആഭ്യന്തരമായി വരുന്ന പ്രയത്നം ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ മുമ്പെന്നുള്ള അർത്ഥത്തിലാണ് ഒരു ശബ്ദം നമ്മുടെ സ്ഥാനത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിൽ എന്തൊക്കെ പ്രയത്നങ്ങൾ സംഭവിക്കും അതിനാണ് ആഭ്യന്തര പ്രയത്നം ബാഹ്യപ്രയത്നംന്ന് പറയും ഒരു ശരീര ഒരു ശബ്ദത്തിന്റെ നിഷ്പത്തിക്ക് ശേഷം എന്തൊക്കെ പ്രയത്നങ്ങൾ സംഭവിക്കും അതിന് ബാഹ്യപ്രയത്നം അതിനെ കുറിച്ചൊക്കെ ഋഷിമാർ ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് അത് മുഖ്യമായും അവിടെ പ്രയത്നംന്ന് പറയുന്നത് യത്നം വെച്ചാൽ അസൂക്ഷ്മമായ ചലനമാണ് ശബ്ദം പറയുന്ന മൂലാധാരത്തിൽ നിന്ന് വായു ഉയർന്നുവന്ന് അത് ഹൃദയം കണ്ടദേശ് മൂർധാവ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പ്രാണൻ പ്രാണരൂപത്തിലുള്ള വായു സ്പർശിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന ചലനങ്ങൾ സ്പർശനത്തിന് മുമ്പ് സ്പർശനത്തിന് ശേഷം മുമ്പുള്ളത് ഭ്യന്തരം പിന്നീടുള്ളത് ബാഹ്യം അതുകൊണ്ട് ശബ്ദ നിഷ്പത്തി എന്നാണ് പറയുന്നത് ഒരാളും പറയുന്ന ശബ്ദം അങ്ങനെ നിത്യമായിട്ടിരിക്കുകയാണ് അഗ്നിയെ പോലെ തീപ്പെട്ടി അഗ്നി പ്രകടമാകുന്നു അതുപോലെ ആ ശബ്ദം ഇങ്ങനെ പ്രകടമാകുകയാണ് അതിന് നിമിത്തം ഉണ്ടാകുമ്പോൾ നിമിത്തം എന്താണ് ഈ പ്രാണന് ഓരോരോ ഭാഗങ്ങളെ സ്പർശിക്കുക അതിന് സഹായകമായിട്ട് ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങൾ ജിഹ്വാമൂലം മൂർദ്ധാവ് ഓഷ്ടം കണ്ഠം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരുന്ന ചലനങ്ങളും ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ശബ്ദം പ്രകടമാകുന്നതാണ് ഓരോ ശബ്ദവും പ്രകടമാകുന്നതിൻ്റെ സ്ഥാനം അതും പറയുന്നു ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ശിക്ഷ എന്ന് പറയുന്നത് വേദാന്തമായ ശിക്ഷ അപ്പൊ ശബ്ദം ഈ സ്ഥാനങ്ങളെ അറിഞ്ഞിട്ട് ശബ്ദത്തെ ഉച്ചരിക്കുക എന്നുള്ളതല്ല അങ്ങനെയല്ല കാരണം ശബ്ദ ഉച്ചാരണമെന്ന് പറയുന്നത് ഇപ്പോഴും അനുകരണമാണ് നമ്മള് ജനിച്ച കാലം മൂല ശബ്ദം ഉച്ചരിക്കാൻ ശ്രമിക്കുന്നു ക്രമേണ ക്രമേണ ശബ്ദം ഉച്ചരിക്കും ക പ എന്നൊക്കെ ഉച്ചരിക്കും എന്നു ഈ തായുടെ സ്ഥാനം ദന്ത മൂലമാണ് പല്ലുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ മോണന്ന് പറയുന്നു അതാണ് താഴുടെ സ്ഥാനം ഇതറിഞ്ഞിട്ടുണ്ട് നമ്മൾ താ ഉച്ചരിക്കുന്നു ഇതറിയേണ്ട കാര്യമില്ല അത് അനുകരണമാണ് മറ്റുള്ളവർ ഉച്ചരിക്കുന്ന കേട്ടത് നമ്മൾ ഉച്ചരിക്കും ആ അനുകരണം ശരിയായിട്ട് നമുക്ക് അനുകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചാരണം കറക്റ്റായിരിക്കും തെറ്റായിപ്പോയാൽ നമ്മൾ അനുകരിക്കുന്നത് ശരിയല്ലെങ്കിൽ അതിന് നമ്മൾ സ്ഥാനം അറിയേണ്ട കാര്യമൊന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ദഹനം നടക്കും അതിന് നമ്മൾ ദഹനപ്രക്രിയ അറിയേണ്ട കാര്യം അതറിഞ്ഞിട്ട് എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു ആമാശയത്തിന് ഇതൊക്കെ പഠിച്ചതിന് ശേഷം അല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അതുപോലെയാണ് ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഈ ഉച്ചാരണം ചിലപ്പോൾ വികൃതമായി പോകും താന്ന് പറയുന്നത് ദാന്നാകും ദാന്ന് ഉള്ളത് ചിലപ്പോൾ ദാന്നാവും അപ്പൊ ഈ എന്താ ഉച്ചാരണത്തിന് മാറ്റം വരുന്നത് അനുകരണം ശരിയല്ലാതെ വരും അതെന്തുകൊണ്ടാണ് അപ്പൊ അവിടെയാണ് പിന്നെ അന്വേഷണം നടത്തുന്നത് ഋഷിമാർ അപ്പോ അവർ പറയും അതവിടെ സ്ഥാനത്തിൽ ഭേദം വന്നു അല്ലെങ്കിൽ യത്നത്തിൽ ഭേദം വന്നു അവിടെ അവിടെ മാത്രമേ ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ സാധാരണ നമ്മൾ ശരിയായി അനുകരിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണം ശരിയായിരിക്കും നമ്മുടെ കർണങ്ങളെല്ലാം അതിന് യോഗ്യമാണെങ്കിൽ അത് ശരീര വ്യത്യാസം കൊണ്ട് ഭൂപ്രകൃതിയുടെ വ്യത്യാസം കൊണ്ട് കാലാവസ്ഥ ഒക്കെ കൊണ്ട് ഈ നമ്മുടെ അംഗങ്ങൾക്ക് വ്യത്യാസം വരും അതുകൊണ്ട് നമുക്ക് ഉച്ചാരണം ശരിയാവത്തില്ല അമേരിക്കക്കാരൻ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പറഞ്ഞാൽ ശരിയാവട്ടു അതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിച്ചുകഴിഞ്ഞാൽ അത് അറിബോറാവും രണ്ടും കേക്കുന്ന കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ കാണിക്കുന്ന ഒരു തെർക്കസാണ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അമേരിക്കക്കാരനും മനസ്സിലാകത്തില്ല നമ്മൾ എത്ര അഭ്യാസം കാണിച്ചാലും ശരി അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല അനുകരിച്ചാൽ പ്രയാസം പക്ഷെ കുട്ടിക്കാലം മുതലേ അവിടെ ജലിച്ചു വളരുന്ന അത് അനുകരണം കറക്റ്റായി വരും നമ്മുടെ ശരീര പ്രകൃതിക്ക് വരെ മാറ്റം വരും ഭൂപ്രകൃതി എന്നാ സ്വാധീനം വടക്കേ ഇന്ത്യക്കാർക്ക് ഒരിക്കലും തിരിച്ചു പറയാൻ പറ്റത്തില്ല അവര് ദന്ത്യസ മൃന്യസ ഇങ്ങനെ പറയും മലയാളിക്കും തമിഴിനും ഒരിക്കലും കാ തിരിച്ചു പറയാൻ ശരിക്കും പറ്റത്തില്ല എല്ലാത്തിനും കാക്കെല്ലാം ദാ ദസം ഒരിക്കലും മനസ്സിലാകത്തില്ല അനുകൂലമല്ല നമ്മുടെ ആ ഘടന തന്നെ ഈ സ്ഥാനങ്ങളിൽ തന്നെ എന്തോ വ്യത്യാസമുണ്ട് പിന്നെ ഒരുപാട് പ്രയത്നിച്ചാലേ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും അധികരം മൃദുഘോഷം ഘോഷാക്ഷരം ശരിക്കും ഉച്ച ഞാൻ സ്വയം പരിസരം എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ശരിക്കൊന്നു ശരിക്കും കാരണം എന്റെ ആ വായുടെ ഘടന അതെ പറ്റിയതല്ല ഉത്തരേന്ത്യ കാരൻ അങ്ങനെയല്ല വളരെ കണിസമായിട്ട് അത് ചരിക്കും മലയാളിക്ക് അത് ചരിക്കാൻ വലിയ പ്രയാസം നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് പക്ഷെ ആ വ്യത്യാസം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത് ശരിയാണെന്ന് നമ്മൾ കരുതുന്നു നമ്മുടെ ആ ഘടനയിൽ തന്നെയുള്ളൊരു വ്യത്യാസം അപ്പൊ പലരും സിദ്ധാന്തത്തെയൊക്കെ പഠിച്ചു പിന്നെ സ്ഥാനം അനുസരിച്ച് ഉച്ചരിക്കാൻ ശ്രമിക്കും അതുവരെ ഉള്ള ഉച്ചാരണം പോവും അങ്ങനെ ഉച്ചരിക്കാൻ ശ്രമിച്ച കയ്യിലുള്ളത് കൂടെ പോവും അത് അഭ്യാസം കൊണ്ടുവരേണ്ട കാര്യമാണ് അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ് ഒത്തു കിട്ടിയ ഭാഗ്യം അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് ശിക്ഷയിൽ പറയുന്നത് ഇവിടെ പറയുന്നത് അതിനെ കുറിച്ചാണ് അതാണ് ഞാനിത് വിശദീകരിച്ചത് അത് ഇതിനെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ഉച്ചരിക്കണമെങ്കിൽ അത് ഈ സ്ഥാനവും പറയുന്ന അറിയണം പിന്നെ അത് നോക്കി ഉച്ചരിക്കണം പിന്നെ അത് ആചാര്യന്മാർ അതിനെക്കുറിച്ച് കരുതി എന്തുകൊണ്ട് ഈ പെസുകൾ വരുന്നു അപ്പൊ സ്ഥാനത്തിന്റെയും പ്രയത്നത്തിന്റെയും വ്യത്യാസം കൊണ്ടാണ് പിന്നെ അത് ശരിയാക്കുന്നെങ്ങനെ സ്ഥാനം നോക്കിട്ടല്ല ഉപത്മാനിയാനോ ഓഷ്ടം എന്ന് പറയും ഓഷ്ടം പാ വിച്ചരിക്കുന്നതിന് ഓഷ്ടം വേണോ എന്തായത് പഠിച്ചതിന് ശേഷം പിന്നെ പാന്ന് ഉച്ചരിക്കാൻ വേണ്ടിട്ടാരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സർക്കസ് ഉണ്ടോ അവിടെയില്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും പാന്ന് ഉച്ചരിച്ചാൽ പാന്ന് തന്നെ ഇരിക്കും സ്ഥാനം അറിഞ്ഞാൽ ഉച്ചരിക്കണ്ടോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്ഥാനം അറിഞ്ഞിരിക്കുന്ന അതിന് ഇത് എഴുതി വച്ചിരിക്കുന്നത് ഉചാരണം പഠിക്കുന്നവരൊക്കെ അത് പറയും അങ്ങനെയല്ല ഉച്ചാരണം അനുകരണത്തിലൂടെ സംഭവിക്കണം പക്ഷേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊക്കെ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ അതെല്ലാം പിടികിട്ടത്ത നമ്മൾ ശ്രദ്ധിച്ചാൽ ജിഹ്വാമൂല് അതൊന്നും പറ്റത്തില്ല വേദത്തിൽ പറയുന്ന പല ശബ്ദങ്ങളുടെയും ഉച്ചാരണം നഷ്ടപ്പെട്ടു ആർക്കും അറിയത്തില്ല എഴുതി വെച്ചിട്ടേ ഉള്ളൂ അത് ഇങ്ങനെ ഉച്ചാരണ രീതിയല്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ചില ഊഹങ്ങളൊക്കെ വെച്ച് ഉച്ചരിക്കുന്ന അങ്ങനെയൊക്കെയുണ്ട് വൈദിക വ്യാകരണത്തിൽ ഒരുപാട് ഈ സ്വരത്തിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വൈദിക വ്യാകരണം പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആ സ്വരഭേദം ഇങ്ങനെ ഉച്ചരിച്ചു കാണിക്കാൻ പറ്റത്തില്ല ഈ സ്ഥാനഭേദങ്ങൾ പ്രയത്ന ഭേദങ്ങൾ വരുന്നു ഉച്ചാരണത്തിലൂടെ ഈ പ്രയത്ന ഭേദം അത് പിന്നെ ഏത് വയ്യ കാരനും വിചാരിച്ചാലും അത് വിച്ചരിച്ചു കാണിക്കാൻ പറ്റത്തില്ല അഷ്ടാദശ ഭേദങ്ങളെന്നൊക്കെ പറയുന്നു ആയ്ക്ക് ആയുടെ ഇത്രയും ഭേദം ഒരാളുടെ വിച്ചരിച്ചു കാണിക്കാൻ പറഞ്ഞു ഒളിയുന്ന ആ പ്രസം ദീർഘം പുളുതം പിന്നെ കുറച്ച് പ്രയാസപ്പെട്ട അനുനാസികമായിട്ട് വിചാരിക്കും മൂക്ക് ഒത്തിപ്പിടിച്ചിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കിട്ടും ഇതിൻ്റെ ഈ ഭേദങ്ങളൊന്നും ഒരിക്കുന്ന ഉച്ചാരണത്തിൽ വ്യക്തമല്ല പിന്നെ അങ്ങനെ ഒരു ഇത് വച്ചിരിക്കുകയാണ് ഇത്ര ഇങ്ങനെയൊക്കെ തരത്തിലാകാം എന്നുള്ളതേ ഉച്ചരിക്കാൻ വേണ്ടിയിട്ടല്ല അതൊരു ശാസ്ത്രം അങ്ങനെ വികസിപ്പിച്ചെടുക്കാം അതിന് സ്ഥാന പ്രയത്ന ഭേദങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു സ്ഥൂലമായ ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ അത് സ്ഥാനഭേദം കൊണ്ട് എന്ന് പറഞ്ഞ് അതിന് നമുക്കൊരു ചെറിയ ബോധമുണ്ടാക്കാത്തേ ഉള്ളു ഉച്ചാരണം അനുകരണത്തിലൂടെ തന്നെ പറഞ്ഞു അതിൽ ഇവിടെ ഇപ്പം പറയുന്നത് ജഹ്വാമൂലാദീഷു അഷ്ടസ്ഥാനേഷു വർണ്ണാന അഭിവ്യഞ്ജകം അത് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കാരണം ഇവിടെ വ്യാകനം പഠിക്കുന്നവരും ഉണ്ട് പഠിച്ചിട്ടിന് അത് പറഞ്ഞിരിക്കുന്നവരെ ഉച്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും കാര്യമായിട്ട് നടക്കത്തു അപ്പോൾ ഈ ശബ്ദങ്ങൾ പ്രകടമാകുന്നു അഭിവ്യഞ്ജകമെന്നാണ് പറയുന്നത് തീപ്പെട്ടി എന്ന് പറയുന്നത് അഗ്നിയെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കണം അഗ്നി ഉണ്ടാക്കുന്നതാണെന്നാണോ അഗ്നി ഉള്ളതിനും പ്രകാശിപ്പിക്കുകയാണ് കർഷണം തീപ്പെട്ടീനെ വേണമെന്നില്ല എന്തെങ്കിലും വെച്ച് ഉരച്ചാൽ മതി ഇവിടെ അഗ്നി പ്രകടമാകും അഗ്നിയെ സൃഷ്ടിക്കുകയാണ് അല്ല അഗ്നി അവിടെ ഉണ്ടായിരുന്നു അത് പ്രകടമായി അതുപോലെ ശബ്ദം സർവവ്യാപിയാണ് അതുകൊണ്ടാണ് ആകാശത്തിന്റെ ഗുണശബ്ദം എന്ന് പറയുന്നത് ആകാശ സർവവ്യാപിയാണ് ആകാശം ഉള്ളിടത്തല്ല ശബ്ദമുണ്ട് വായു ഇല്ലാത്തടത്തി ശബ്ദം ഉണ്ടാകും വായുളുടെ അടുത്തല്ലേ ശബ്ദം ഉണ്ടാകുന്നു ശൂന്യ ആകാശം ശബ്ദമില്ലെന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ട് വായുവില്ല ശബ്ദത്തിന്റെ അഭിവ്യഞ്ജകങ്ങളെന്നാണ് ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നതിനനുസരിച്ച് വായു വേണം പക്ഷേ ഞാൻ പ്രകാശിപ്പിക്കാൻ ചെവിയില്ലാത്തതിന് ശബ്ദം കേൾക്കാൻ പറ്റും ഇല്ലല്ലോ ചെവി ഉണ്ടെങ്കിൽ തന്നെ തകരാറായാൽ പറ്റും വേറെ ഉപകരണമാക്കിട്ടേ ഈ സർവ വസ്തുക്കളും കൈരണ്ടും തട്ടിക്കഴിഞ്ഞാൽ ശബ്ദമുണ്ടാകുന്നില്ല അതെന്താണ് അത് അഭിവ്യഞ്ജകമാണ് ശബ്ദത്തെ പ്രകാശിപ്പിക്ക ശബ്ദമുണ്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് അതിനെ ആകാശം പോലെ അത് വ്യാപി ആയതുകൊണ്ട് പറയുന്നത് ആകാശത്തിന്റെ ഗുണമാണ് വായു ഇല്ലാത്തടത്തും ഉണ്ട് അവിടെ വായു കൂടെ വേണം അതിനെ പ്രകാശിപ്പിക്കാൻ ഇത്രയു അതില് വർണ്ണാത്മകമായ ശബ്ദം എന്താണ് ബാക്കിയുള്ള ശബ്ദങ്ങളെയൊക്കെ പൊതുവെ പറയും കൈരണ്ടും കൂട്ടി അവിടെ അക്ഷരമാലയിലെ വർണ്ണങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നാൽ ശബ്ദം വരുന്നുണ്ട് ധുന്യാത്മകമായ ശബ്ദം ഉള്ളിൽ നിന്നും വർണ്ണാത്മകമായ ശബ്ദം ഈ വർണ്ണാത്മകമായ ശബ്ദങ്ങൾ വരുന്നതിന് ജുഹാമൂലം തുടങ്ങിയ സ്ഥാനങ്ങളുണ്ട് പ്രയത്നമുണ്ട് ആ സ്ഥാനം എന്ന് വെച്ചാൽ ഒരു ഏകദേശമായി പറയുന്നതാണ് കൃത്യമായിട്ടുണ്ട് ദന്തം സ്ഥാനം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പല്ല് സ്ഥാനം എന്നുള്ളതല്ല ഇത്തല്ല സ്ഥാനം ദന്താന്ന് പറയും ആ വർഗത്തിന്റെ ദന്തസ്ഥാനവും എന്ന് പറയുന്നത് ദന്തോന്നർത്ഥം കൊടുക്കരുത് പല്ലെന്നല്ല കാരണം പല്ലില്ലാത്തവനും താന്ന് പറയാൻ അപ്പന്മാരും പറയും കൊച്ചുകുട്ടികളും തത്ത താന്ന് പറയും തത്താന്നൊക്കെ കൊച്ചുകുട്ടിക്കും പറയാം പല്ല് പുണയ്ക്കുമ്പിയും പറയും അപ്പൊ അതിന്റെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഭാഗത്താണ് ഊന് എന്ന് പറയുന്നത് അവിടെയാണ് അതാ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുപോലെ ആ പറയുന്നതിൽ തന്നെ ഭേദങ്ങളുണ്ട് എല്ലാ ശിക്ഷാകാരന്മാരും ഒരേ അഭിപ്രായമല്ല ചിലർക്ക് അതിൽ തന്നെ ഓരോ സ്ഥാനത്ത് തന്നെ അവർ പലതായി ഭാഗിക്കുന്നു അങ്ങനെയും ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളായി വഹിച്ചിട്ട് പ്രയത്നങ്ങൾ സ്ഥാനഭേദം കല്പിക്കുന്നുണ്ട് അതെല്ലാം വളരെ ഏകാഗ്രമായ ത്മകമായ ചിന്ത കൊണ്ട് അവരാവിഷ്കരിച്ച തത്വങ്ങളാണത് സ്ഥൂലമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല സ്ഥൂലമായി നമ്മൾ ജനിച്ച അതിന്റെ അർത്ഥമാകത്തില്ല അത് മുഖ്യമായി വരുന്ന ഈ സ്ഥാനങ്ങളെയാണ് ഇവിടെ വാക്കെന്ന് പറയുന്നത് ശബ്ദമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത് പറഞ്ഞല്ലോ അഷ്ടസ്ഥാനേഷൻ ആ സ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനമാണോ വാക്ക് ഈ സ്ഥാനമാണോ വാക്കെന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ അദ്വൈതികൾക്ക് ആഭിപ്രായം അവർ പറയുന്നത് ഈ സ്ഥാനങ്ങളിൽ വർണ്ണങ്ങളെ അഭ്യവ്യജിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ഭൂതസൂക്ഷ്മങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ശക്തി വിശേഷം അതിനാണ് ഇന്ദ്രിയോ എന്ന് പറയുന്നത് അപ്പൊ സ്ഥാനവും അങ്ങനെ ഒന്നിനാ അംഗീകരിക്കാത്തവരുമുണ്ട് അവർ പറയുന്ന ഈ സ്ഥാനം തന്നെ ഇന്ദ്രിയം അദ്വിതി പറയുന്ന അങ്ങനെയല്ല ഈ സ്ഥാനങ്ങളെല്ലാം വ്യാപിച്ചിരിക്കുന്ന ഒരു ഒന്നാണ് വാഗഇന്ദ്രിയം സ്ഥാനങ്ങളിരിക്കാണ് അതിന് ഇരിക്കാനൊരു സ്ഥാനം വേണുണ്ട് ഉദാഹരണം പറയുന്നത് കണ്ണ് കണ്ണ് ദർശന ഇന്ദ്രിയമല്ല ഈ കാണുന്ന കണ്ണെന്ന് പറയുന്നവരും ഒരു ഇരിപ്പിടമാണ് അവിടെ ഇരിപ്പുണ്ട് സൂക്ഷ്മമായ ഒരു ശക്തി വിശേഷം അതുപോലെയാണ് വാഗിനെ കുറിച്ച് പറയുന്നത് അതിനെ ഉപാസിക്കാൻ പറയുന്നു വർണാശ നാമേതി നാമിനോ വാഗ്ഭൂയസീതി വാഗിനേക്കാൾ അധികമായിട്ട് നാമത്തെക്കാൾ അധികമാണ് വാക്കെന്നെന്തുകൊണ്ട് പറഞ്ഞു പറയുന്നു നാമം എന്ന് പറയുന്നത് വർണ്ണമാണ് ഉള്ളിൽ നിന്ന് വരുന്നത് വർണ്ണമാണ് ഈ സ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് ആ പ്രയത്നങ്ങളുടെ സഹായത്തോടു കൂടി ബാഹ്യ ആഭ്യന്തര സഹായത്തോടു കൂടി ഈ സ്ഥാനങ്ങളിൽ നിന്ന് ശബ്ദം നിഷ്പന്നമായാൽ അതെല്ലാം വർണ്ണമായി അതിലാണ് നാമവും വർണ്ണം നാമം തന്നെ അപ്പോ ആ സ്ഥാനങ്ങളിലിരിക്കുന്ന ശക്തി വിശേഷമാണല്ലോ ഇതിനെ പ്രകടമാക്കി അതുകൊണ്ടത് ഈ നാമത്തെക്കാൾ വ്യത്യസ്തമാണ് അതിനുപാസിക്കുക അതുകൊണ്ട് നാമനോ വാഗ്ഭൂയ വ്യത്യസ്തമാണ് അധികമാണ് വാക്ക് എന്താണ് കാര്യം കാരണം പുയോ ദുഷ്ടം ലോക യഥാ പുത്ര അത് പിതോകത്ത് സാധാരണ കാണാറുണ്ട് പിതാവും പുത്രനും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പിതാവ് കാരണം പുത്രൻ കാര്യം പുത്തണ്ണേക്കാളും എന്തോ ചില വ്യത്യസ്തകൾ പിതാവിൽ ഉണ്ടല്ലോ പുത്തണ്ണേക്കാൾ അധികമാണ് പിതാവ് എന്ന് പറയാം അത് മുമ്പേ ഉണ്ടായതാണ് കാര്യത്തെക്കാൾ കാരണത്തിന് ഒരു മഹത്വം ഒരു മഹത്വം എന്ന് പറഞ്ഞ കുറേ ഒരു വിലക്ഷണത എന്നുണ്ട് മഹത്വം എന്ന് മാത്രം പറഞ്ഞാലും മനസ്സിലാകത്തില്ല ചിലപ്പം പുത്തനേക്കാൾ മോശമായിരിക്കും അടുമ്പോൾ പിതാവും അങ്ങനെയും സംഭവിക്കാം പുത്തനേക്കാൾ പിതാവും മഹാനെന്നൊന്നും പറയാൻ പറ്റത്തില്ല മോശപ്പെട്ട പിതാക്കന്മാർക്കും മഹാത്മാക്കളായ പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു വിലക്ഷണതാന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് കാര്യം കാരണം ഭൂയോദിഷ്ടം ഒരു വിശേഷതയുണ്ട് യഥാപുത്ര അതുപോലെ കഥം ചാങ്മനു ഭൂയസി ഇനി അതിനെ കുറിച്ച് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന വാക്കാണ് ഇനി ഇനി ഉപാസിക്കേണ്ടത് വിശേഷത വാഗ്വാവ പറയുന്നു അതിന്റെ പ്രത്യേകത ഇതാണ് വേദവും മറ്റും നാമരൂപത്തിലാണ് പക്ഷെ ആ നാമത്തെ പ്രകാശിപ്പിക്കുന്നു വാക്കാണല്ലോ ൃഗ്വേദ എന്ന് അതിനെ പ്രകാശിപ്പിക്കുന്ന അതാണല്ലോ വിജ്ഞാപി തഥാ യജുർവേദം എല്ലാ വേദത്തെയും പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രിയമാണല്ലോ ഇന്ദ്രിയെങ്കിൽ തന്നെ ഏത് വാക്ച്ഛ ഗുരു വാഗേന്ദ്രിയുടെ പ്രകാശിപ്പിക്കുന്നു ശിഷ്യൻ സ്വന്തം ശ്രവണേന്ദ്രിയത്തിലൂടെ അതിനെ വീണ്ടും ആ ശിഷ്യൻ തന്റെ വാഗിന്ദ്രിയത്തിലൂടെ അതിനെ പ്രകാശിപ്പിക്കുന്നു ഇതിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഈ വേദപ്രകാശനത്തിന് ഹേതുവായിരിക്കുന്നുണ്ട് ആ വാഗിന്ദ്രിയം എന്ന് പറയുന്ന ഈ സ്ഥാനങ്ങളിലിരിക്കുന്ന ആ ശക്തിവിശേഷം അത് വിശിഷ്ടമാണ് ഹൃദയജ്ഞം ഹൃദയപ്രിയം അടുത്ത് പറയുന്നു യജുർവേദം സ്വാമിവേദം ആധർഗുണം ചതുർത്വം ഇതിഹാസ പുരാണം പഞ്ചമും വേദാനാം വേദം അതെല്ലാം നമ്മൾ പറഞ്ഞു ശിക്ഷ പിത്രിയും രാശിം ദൈവം നിധിയും വാഗോവാക്യം അതെല്ലാം പറഞ്ഞു ഏകായനം ദേവവിദ്യ ബ്രഹ്മവിദ്യ ഭൂതവിദ്യ ക്ഷത്രവിദ്യ നക്ഷത്രവിദ്യ സർപ്പദേവജനവിദ്യം ദിവഞ്ച പൃഥിഞ്ച ആകാശം തേജസ് മനുഷ്യംശ്ചുംയാംശ് എല്ലാം പ്രകാശിപ്പിക്കുന്നത് വാക്കാണ് ആ സംസാരം എന്ന ദീപ്യത ഭരത്തു പറയുന്ന വാഗെന്ന് പറയുന്നില്ലായിരുന്നാൽ ഈ ലോകമേ അന്ധകാരമായ വാക്കലിനെ സർവ്വത്തെയും പ്രകാശിപ്പിക്കുന്നു ചിന്ത പോലും ശബ്ദാത്മകമാണ് ശബ്ദം നമ്മൾ ഉച്ചരിക്കണമെന്നില്ല ചിന്തിക്കാൻ ശബ്ദത്തില് ഇംഗ്ലീഷ് പറയുന്നു ഇംഗ്ലീഷ് ചിന്തിക്കും മലയാളം പറയുന്നു മലയാളത്തിൽ ചിന്തിക്കും സംസ്കൃതം പറയുന്നു സംസ്കൃതത്തിൽ ചിന്തിക്കുന്നുണ്ട് ചിന്തയ്ക്ക് ഭാഷയുണ്ട് ഭാഷ വിടാൻ പറ്റത്തില്ല അന്ധകരണത്തിന് അതുകൊണ്ട് എല്ലാത്തിനേയും പ്രകാശിപ്പിക്കുന്ന ഈ ശബ്ദമാണ് വയാംസിണവനസ് ആ പദാ ആ കീട പതങ്ക പിർമ്മം അല്ല ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു എന്നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയും പലതെന്നും പറയാനുണ്ടല്ലോ എന്തൊക്കെ എന്താ വിട്ടുപോയത് ഞാൻ പറഞ്ഞത് ഈ ഉപാസന യുക്തി കൊണ്ടുവരുന്നത് ഇതൊക്കെ എടുത്തു പറഞ്ഞെന്താ രണ്ടു കൂടി ചേർത്ത് പറഞ്ഞാൽ എന്താ അങ്ങനെ ചോദിക്കാൻ അവകാശമില്ല ഇത് പറയുന്നതിന് എന്താ യുക്തി അതിനും അവകാശമുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ പറഞ്ഞതെന്തോ അതുപോലെ അങ്ങ് ചെയ്തിരിക്കുക ശ്രദ്ധയില്ല വെട്ടുകളായി കാര്യത്തിനെ പോണ്ട ഇതാണ് വൈദികന്മാരുടെ നിലപാട് നല്ലതിന് യുക്തിയെന്ന് അന്വേഷിക്കാൻ പോലും അങ്ങനെ പോകുന്നവരുള്ളൂ ഇത് മനസ്സിലാക്കാതെ ഇത് ശ്രദ്ധയുടെ വിഷയമാണെന്നുള്ള മനസ്സിലാക്കാതെ ഇതിന് ഗവേഷണം നടത്താൻ പോകുന്നവരു അവരുടെ സങ്കല്പം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടി അവരുടെ ബുദ്ധിക്ക് സമാധാനിക്കണം ഇവിടെ പറയുന്നതെന്തോ അത് തന്നെ അതിനപ്പുറം വേറൊന്നുമില്ല ഇത് ഈ വാങ്ങുന്ന അഭവിഷ്യത് ജാനാതി ഹൃദയത്തെ അറിയുന്നവൻ ഹൃദയജ്ഞ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കേണ്ടത് പക്ഷെ ഭാഷകാരൻ അങ്ങനെയുള്ള വ്യാഖ്യാനം എന്താ പറയുന്നത് ഹൃദയപ്രിയം എന്നീതം അഹൃദയജ്ഞം അതെന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു പക്ഷിക്കാരനങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ള അധികാരം ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചു അത്രേ പറയാൻ പറ്റൂ വാഗ് നവിഷ്യത് ധർമാദിനജ്ഞാപ്യത് ഇതെല്ലാത്തിനെയും ബോധിപ്പിക്കുന്നത് വാഗേന്ദ്രിയാണ് അല്ലെ ഗുരു പറയുന്നു ഇത് ധർമ്മമാണോ ഇതധർമ്മമാണോ അല്ലെങ്കിൽ വേദത്തിലൂടെ ഗുരു ബോധിപ്പിക്കുന്നു ഇത് എങ്ങനെയാണ് ശ്രോത വിഗ്രഹിച്ചത് വാഗേന്ദ്രിയത്തിലൂടെ അത് ബോധിപ്പിച്ചതുകൊണ്ടാണ് അപ്പം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന വാക്കാണ്പൈഷ്യ വാഗില്ലെങ്കിൽ ഒന്നും വെളിപ്പെടുത്തത്തില്ല വാഗ് അഭാവേ അധ്യയനാഭാവോ അധ്യയനാഭാവേ തദർത്ഥ ശ്രവണാഭാവ ത ശ്രവണാഭാവേ ധർമാതി നജ്ഞാപൈഷ്യൻ ന വിജ്ഞാതം അഭവിഷ്യത് എന്ന് പറയുന്നു ഈ വാഗിന്ദ്രം ഇല്ലെങ്കിൽ അദ്ധ്യയനം നടക്കത്തില്ല സ്വാധ്യായം സംഭവിക്കത്തില്ല ഒരിടത്ത് സംഭവിക്കത്തില്ല ചോദിക്കുക വാഗീന്ദ്രിയെങ്കിൽ മോഹനാണോ വാഗീന്ദ്രിയ പക്ഷെ ഗുരു പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി ശ്രവണേന്ദ്രിയുണ്ട് എനിക്ക് ശ്രവണേന്ദ്രിയുള്ള കാര്യം മനസ്സിലാക്കും ഞാൻ ചൊല്ലുന്നില്ല എനിക്ക് ധർമാധിബോധം ഉണ്ടാവുമല്ലോ ഇവിടെ എന്താ പറയുന്നത് വാഗ്ന്ന ഭവിഷ്യത് വാഗീന്ദ്രം ഇല്ലാതിരുന്നാൽ എന്നാണ് ആർക്കാർക്കും ഇല്ലാതിരുന്നാൽ ഗുരുവിനും ഇല്ലാതിരുന്നാൽ ഗുരുവിനെ പറയും പറഞ്ഞാലേ കേൾക്കാൻ പറ്റും അപ്പൊ വാഗേന്ദ്രം എവിടെയെങ്കിലും വേണം തനിക്കില്ലെങ്കിൽ ഗുരുവിനു വേണം ഉണ്ടായാൽ എന്തു ചെയ്യും അധ്യയനം നടക്കും ഗുരു അധ്യയനം ചെയ്യുന്നു ഉടൻ ശിഷ്യൻ കേൾക്കുന്നു എവിടെയെങ്കിലും അതുണ്ടായിരിക്കും ഇല്ലെങ്കിലോ വാഗഭാവേ അധ്യയനാഭാവം വാഗ്ന ചെയ്യല്ലെങ്കിൽ അധ്യയനം ഇല്ലാതെ വരും അധ്യയനാഭാവേ തഥർത്ഥശ്രവണാഭാവം അധ്യയനമില്ലെങ്കിലോ പിന്നർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല അർത്ഥശ്രവണം ഉണ്ടാവത്തില്ല ശ്രവണാഭാവേ ധർമാധീനജ്ഞാപൈഷ്യത് ശ്രവണമില്ലെങ്കിലോ അത് കേക്കാൻ പറ്റിയില്ലെങ്കിൽ അർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല ശ്രവണാഭാവ ധർമാതി ധർമാധർമ്മൊന്നും മനസ്സിലാകത്തില്ല ഒരാള് ഉച്ചരിക്കണം അത് താൻ കേൾക്കണം അർത്ഥം ഞാൻ ഉണ്ടാകണം ധർമ്മം എന്താണെന്ന് അറിയണം അതറിഞ്ഞത് അനുഷ്ഠിക്കണം എന്ന വിജ്ഞാന ഭവിഷ്യത് തസ്മാത് വാഗവശ്ദോച്ചാരണേന അതുകൊണ്ട് വാഗീന്ദ്രിയമാണ് ഈ ശബ്ദ ഉച്ചാരണത്തിലൂടെ സർവത്തെയും ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് അത്യോ വാങ്ഹ അതുകൊണ്ട് ഇവിടെ അവസാനം എന്താ പറയുന്നത് വാക്കിന്റെ മഹത്വം പറഞ്ഞു വാഗ്വാദ സർവം വിജ്ഞാപേദി വാജും ഉപാസ്വാ അതുകൊണ്ട് വാക്കിന് ഉപാസിക്കുക പ്രതിമയ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിമയെ എന്ത് ഉപാസിക്കാൻ പ്രതിമയെ പ്രതിമയെന്ന് അറിയുന്ന ഉപാസനയാണ് അല്ലല്ലോ പ്രതിമയെ പ്രതിമ എന്നറിഞ്ഞാൽ അത് ജ്ഞാനമായി ഉപാസന അല്ല പ്രതിമയെ വിഷ്ണു എന്ന് അറിയണമെങ്കിൽ അത് ഉപാസനയായി അത് ഭാവനയായി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് കർത്തൃതന്ത്രവും വസ്ത്രതന്ത്രവും ചർച്ച ചെയ്ത് രണ്ടിന്റെയും വ്യത്യാസം കാണിക്കാനാണ് പ്രതിമയെ പ്രതിമെന്നറിഞ്ഞാൽ അത് ഞാനും പ്രഥമ വിഷ്ണു എന്നറിയുന്നത് ഉപാസന അപ്പൊ ഇവിടെ പറഞ്ഞു വാക്കിന് ഉപാസിക്കുക എങ്ങനെ ഉപാസിക്കണം വാക്കിനെ അതിനടുത്ത് പറയുന്നു സയോ വാഗം ബ്രഹ്മേത്യുപാസ്തേ വാക്കിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക ഇത്രയും മഹത്വം ഉണ്ടല്ലേ വാക്ക് സർവത്തെയും ബോധിപ്പിക്കുന്ന ഒന്നല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോന്നിനും ഉണ്ട് അതിൻ്റെതായ മഹത്വം നേരത്തെ നാമത്തിന് സർവ അർത്ഥത്തെയും നാമത്തിലൂടെ നമ്മൾ ബോധിക്കുന്നു നാമം മഹത്താണ് ഇവിടെ ആ നാമത്തെയും പ്രകാശിപ്പിക്കുന്ന വാഗിന്ദ്രിയം അതും വിശിഷ്ടമാണ് വിശേഷപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് പറയുന്ന എന്താണ് വാക്കിനെ ബ്രഹ്മം ഉപാസിക്കുക വാക്കാണ് സർവശ്രേഷ്ഠം വാക്കാണ് മുഖ്യം വാക്കാണ് ബ്രഹ്മം ബൃഹത്തായിരിക്കുന്നത് അതാണ് പരം അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം ഈ തരത്തിൽ വാക്കിനെ കുറിച്ച് ഭാവന ചെയ്യുക ശബ്ദോച്ച അതോ ഭൂയസീ താചം ബ്രമിത് ഉസ്വ എന്താ പ്രയോജനം യാവത് വാചോ ഗതം തഥാകാമോ ആ വാഗിന്ദ്രിയത്തിന്റെ വിഷയങ്ങളെല്ലാം അവന് സ്വാധീനമാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ രാജാവിന് തന്റെ സാമ്രാജ്യം പൂർണ്ണമായി അധീനമാകുന്നതുപോലെ വാഗീന്ദ്രിയത്തിന്റെ വിഷയമായിരിക്കുന്ന സർവ്വവും അവന് സ്വാധീനമാകുന്നു ഒരു ജീവനെ സംബന്ധിച്ചാണ് ജീവന്റെ മാനസികമായ ബൗദ്ധികമായ മണ്ഡലത്തെ കുറിച്ച് അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറയും അങ്ങനെ ഉപാസിക്കുന്നവന്റെ ആ ജീവന്റെ ബൗദ്ധിക തലത്തിൽ ആ ജീവന് വാക്കിന്റെ മേഖല ശബ്ദത്തിന്റെ മേഖലയിലെല്ലാം പൂർണ്ണമായ ആധിപത്യം വരുന്നു അർത്ഥജ്ഞാനം പൂർണ്ണമായിട്ടുണ്ടാകുന്നു നമ്മുടെ ഈ അറിവെന്ന് പറയുന്നതെല്ലാം അർത്ഥജ്ഞാനമാണ് സയൻസായാലും കണക്കായാലും ചരിത്രമായാലും എല്ലാം അർത്ഥജ്ഞാനമാണ് വ്യക്തിനിഷ്ഠമായ ജീവൻ നിഷ്ഠമായ അറിവെന്ന് പറയുന്നു ശബ്ദാർത്ഥ ഞാനവന് വൈഭവം ഉണ്ടാകുന്നു വിശേഷത ഉണ്ടാകുന്നു അങ്ങനെ ഉപാസിക്കുക അപ്പൊ ഇതിന്റെ ഫലം എന്താണെന്ന് ഇവിടെ പറഞ്ഞു ഇനി വേറെ ഫലം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ നിങ്ങള് ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകും അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലോ ചോദിക്കരുത് എന്താ എന്റെ വ്യക്തി അതും ചോദിക്കരുത് ഉപാസനയാണ് ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനെ ഭാവന ചെയ്യുക ഇതാവർത്തിക്കുക അതാണ് പറയാൻ പോകുന്ന തത്വബോധവുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല ഉപാസനയോ കർമ്മത്തിനോ നേരിട്ട് ബന്ധമില്ല അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷാത്കാരണമല്ല എന്ന് പറയുന്നത് ഇതിന് ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും പറയാൻ പയ്യ ും അത് ആ ജീവന് വിശിഷ്ടമായ ഗുണങ്ങളെ പ്രദാനം ചെയ്തു ജീവനിൽ ആധികാരിത്വത്തെ വർദ്ധിപ്പിക്കും യോഗ്യതയെ വർദ്ധിപ്പിക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതെങ്ങനെയൊക്കെ ആണ് എല്ലാം ഒന്നും നമ്മളെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല മനുഷ്യബുദ്ധിക്ക് പിടികിട്ടത്തില്ല വേദം പറയുന്നതാണ് അനുസരിച്ചാൽ അതിന് പ്രയോജനം ഉണ്ടാകും എന്നുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യില്ല അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു യോ വാചം ബ്രഹ്മി ഉപാസ്തേ അസ്ഥി ഭഗവോ വാചോ ഭൂയ ഇനി ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ ഉപാസനയ്ക്ക് വേറെന്തെങ്കിലും ഒരു വിഷയമുണ്ടോ എന്താ അങ്ങനെ ചോദിക്കുന്നത് ഒരു ഉപാസനയെ കുറിച്ച് പറഞ്ഞു കാരണം ഉണ്ടോ ഉപാസന ഒരു ഫലം യഥാകാമാരോ ഭവതി വാഗവിടെ വാക്കിൽ പൂർണമായ അധീശത്വം വരുന്നു എന്ന് പറഞ്ഞു ചോദിക്കുന്ന ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്താ അതങ്ങനെ ചോദിക്കുന്ന കാരണം നാരദന്റെ ആവശ്യം ഇതുണ്ട് നാരദൻ ആവശ്യപ്പെട്ട് എന്താണ് എനിക്ക് ദുഃഖത്തെ തരണം ചെയ്യണം അതിനുള്ള ഉപായം പറയാൻ പറഞ്ഞു അപ്പൊ ചോദിച്ചത് എന്റെ ഉള്ളത് പറഞ്ഞു തന്റെ വിപുലമായ ശാസ്ത്രജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു നിന്റെ കയ്യിലുള്ള എന്താണെന്ന് ആദ്യം പറയുന്നു അതിന്നതൊക്കെയാണ് അതിവിടെ പറഞ്ഞു എന്താണോ അത് വാക്കിന്റെ ഇത് ഇതാണ് ഉപാസന പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഏതെല്ലാം ജീവന്മാരിൽ അലൗകികമായി സാധാരണമായി എന്തെങ്കിലും ശക്തിവിശേഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനയുടെ ഫലമാണ് അയ്യോ അത് അയാൾ വേദം പഠിച്ചിട്ടില്ല ഒരു ഉപാസനയും ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ ഉപാസനയുടെ ഫലമെന്നങ്ങനെ പറയാൻ പറ്റും വേദഗന്ധം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും അതിനവസരമേ കിട്ടിയിട്ടില്ല പക്ഷേ ശക്തിവിശേഷങ്ങൾ കാണുന്നുമുണ്ട് ഇതെങ്ങനെ ബന്ധപ്പെടുത്തും കുറവ് ജന്മങ്ങൾ സമാധാനം അതെങ്ങനെയല്ലേ ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുക പക്ഷെ ഉപാസന ഫലമായിട്ടേ ഉണ്ടാകത്തുള്ളൂ കർമ്മം ഉപാസനകളുടെ ഫലമായിട്ട് ഒരു ജീവനും സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകത്തുള്ളു അത് ലൗകികമായിട്ട് സംഭവിക്കത്തില്ല അത് വൈദികമാണ് ലൗകികമായ കർമ്മങ്ങൾ അതിന്റെ ഫലമൊക്കെ നമുക്കറിയാം ഇതങ്ങനെയല്ല അലൗകികമായ സുദ്ധികളാണ് ഒരാള് സുദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ പ്രകാശിപ്പിക്കും അതാണ് ഇതിന്റെ ഫലം അപ്പം നാരദന ഇപ്പോൾ ഇതെല്ലാം ഉണ്ട് കഴിഞ്ഞു ഇവിടെ പറയുന്ന നാരദിന നാരദിനല്ല എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മ ഭക്തനും ജ്ഞാനിയുമായിട്ടുള്ള നാരദിനല്ല അത് ശോകത്തെ തരണം ചെയ്ത ആളാണ് അത് ശോകത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണ് അതുകൊണ്ടെന്താ താൻ ചോദിച്ചതിന് സമാനം കിട്ടില്ല എന്നാൽ മറ്റെന്തെങ്കിലും ഉണ്ടോ പരിപാടി പറയുന്നു വേറെ ഉപാസനയുണ്ട് എന്താണോയെമലേ ദിവരനുഭവ चंसन्ना चनो अभवती मनसा मन मंत्री अथ अधीते कर्मा अथ कुंश परुश्च इच्छे मचे अथ इच्छते मनोह्या मनो हिलोको मनो हिब्रह्म मनो उपास मनो ब्रमेस्थे यहामचारो बोति यो मनो मनसो मनसो भूय वाव भूयो യോ മനോ मनो അണു മനോ മനസിഷ്ടം അന്ധകർണം वाजो ഭൂയ ഇവിടെ മനസ്സിന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വാശികം വ്യാഖ്യാനിക്കും മനസ്സിനുള്ളതായ അന്ധകരണത്തിന് മനസ്സെന്ന് പറയുന്നു അത് വാച ഇവിടെ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന മനസ്സിനെ തന്നെ എടുക്കണം മനസ്സിനൊക്കെ പല അർത്ഥവും പലയിടത്തും പറയും അതൊന്നും ഇവിടെ സ്വീകരിക്കരുത് ഇവിടെ മനസ്സിനെ വിശിഷ്ടമായ ആ അന്ധകരണം അതിനെ മനസ്സെന്ന് എടുക്കണം മനസ്സിനാചം വക്തവ്യ പ്രേര ആ മനസ്സെന്ന് പറയുന്നു മനസ്സിനു പറയുന്ന പ്രവൃത്തിയോടുകൂടി വരുമ്പോൾ മനസ്സിനാപാരവത്തത് വാറ്റം വക്തവ്യെ പ്രേരെയേഴ്തി വാക്കിനെ വാക്കിന്റെ വിഷയങ്ങളിലേക്ക് അത് പ്രേരിപ്പിക്കുന്നു വാക്കിനെ കൊണ്ടത് വചിപ്പിക്കുന്നു വാക് മനസ്സി അന്തർഭോതി അതുകൊണ്ടെന്തു വരുന്നു വാക്ക് മനസ്സിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ ഭൂയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നുണ്ട് അന്തർഭവം എന്ന അർത്ഥം പറഞ്ഞു വാക്കിനേക്കാൾ വിശിഷ്ടമാണോ വേറിട്ട് നിൽക്കുന്ന ഒന്നാണോ മനസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ ഉപാസനയുടെ പ്രത്യേകതയാണ് വാക്കിനേക്കാൾ വേറിട്ടതാണ് മനസ്സെന്ന് പറയുമ്പോൾ വാഗുപാസനേക്കാൾ പ്രത്യേകതകളുള്ളതാണ് മനസ്സിന്റെ ഉപാസന എന്നാണ് യസ്മിൻ അന്തർഭവതി തത്ത വ്യാപകത്വ ഭൂയോ ഭവതി ഒന്ന് മറ്റൊന്നിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലാണോ അതർഭവിച്ചു അത് ഇതിനേക്കാൾ വ്യാപകമായിരിക്കും അപ്പൊ അതിന് മറ്റെന്തെങ്കിലും വിശേഷതകൾ കാണും മനസ്സിൽ വാക്കന്തർഭവിച്ചു അപ്പൊ മനസ്സ് വ്യാപകമായി യഥാകെ ഭദ്രഫലേ ദേവ അക്ഷോ ഭീതകഫലേ മുഷ്ടിരനുഭവതി മുഷ്ടിസ്ഥിതി ഫലവ്യാപനവധി ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നത് ഇവിടെ രണ്ടെന്നുള്ള ഒരു ബന്ധത്തെ പറഞ്ഞു ഉപാസനക്ക് വേണ്ടിയിട്ടുള്ള ബന്ധമാണ് ഭാവന ചെയ്യേണ്ട ബന്ധം എന്താണ് വാചോഭൂയ എന്ന് പറഞ്ഞത് ഇവിടെ വ്യാപകമെന്നുള്ള അർത്ഥം ഉള്ളത് നേരത്തെ അധികം എന്നുള്ള അർത്ഥം ഇവിടെ വ്യാപകം എന്നു സന്ദർഭമനുസരിച്ചർത്ഥം മാറുന്നു എന്താണ് വ്യാപകം എന്ന് പറയുന്നത് യഥാ വൈദ്യുതി രണ്ട് നെല്ലിക്ക മുഷ്ടിക്കകത്ത് രണ്ട് നെണ്ടിക്കടുത്ത് വെച്ചു കഴിഞ്ഞാൽ മുഷ്ടി അതിനെ അന്തർഭവിച്ചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം അതിനെ കാരണം വരുന്നതാണല്ലോ മുഷ്ടി ദ്വൈവ പോലെ ബദരഫലം ബദരെന്ന് പറയും നമ്മുടെ കാരക്ക പോലെയുള്ളവർ ബദരഫലം അത് രണ്ടെണ്ണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ മുഷ്ടി അതിനെ അന്തർഭവിപ്പിച്ചിരിക്കുന്നു പറയാം ഉള്ളം കൈവച്ച് മൃഗപിടിച്ചു കഴിഞ്ഞു മുഷ്ടി അതിനേക്കാൾ വ്യാപകമാണെന്ന് പറയാം അക്ഷി അക്ഷദ്രീഡ് അക്ഷ ഇവിടെ അക്ഷി എന്ന് പറയുന്നത് അക്ഷി എന്ന് പറയുന്നത് അക്ഷവും അക്ഷം എന്ന് പറയുന്ന ഇവിടെ വിഭീതകഫലം എന്ന് പറയുന്നത് താന്ക്ക ത്രിഫലയില് ഉപയോഗിക്കുന്ന താമരഹത്തിന്റെ രണ്ടു ഫലങ്ങളുടെ പേര് പറഞ്ഞേ ഉള്ളൂ അത് ഉള്ളിലും കയ്യിൽ വെച്ച് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മുഷ്ടി അതിനെ ഉൾക്കൊള്ളുന്നു അതുപോലെ അന്തർഭവിപ്പിക്കുന്നതുപോലെ ഈ മനസ്സ് അതിനെ അന്തർഭിപ്പിക്കുന്നു വാഗേന്ദ്രിയാപനോദി മുഷ്ടോഹിത്തെ അന്തർഭവത എന്ന് പറയുന്നു അന്തർഭവിപ്പിക്കുന്നു വാക്കിന്റെ ഉപാസന വാക്കിനെ ബ്രഹ്മമായി ഉപാസിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സിനെ ഉപാസിക്കണമെന്ന് പറയുന്നതിന് രണ്ടു തമ്മിലുള്ള ബന്ധത്തെ പറയുന്നു വാക്കിനെ ഉൾക്കൊള്ളുന്നതാണ് മനസ്സ് അതുകൊണ്ടതിനുപാസിക്കുക അനുഭവതി വാക്ക് നാമം ഇതെല്ലാം മനസ്സിന്റെ വിഷയമാണ് മനസ്സിനെല്ലാം ഗ്രഹിക്കുന്നു സയദാ പുരുഷോ യസ്സും മനസ്സാ അന്ധക്കരണേന മനസ്സിന് വിവക്ഷാബുദ്ധി മനസ്സിന് ഇവിടെ ഭാഷകാരം പറയുന്നു ഇത് ചിന്തിക്കുക എന്നുള്ള അർത്ഥമല്ല വിവക്ഷാബുദ്ധി എന്ന് പറയുന്നു എന്താണ് വിവക്ഷാബുദ്ധി എന്ന് പറയുന്നത് സാധാരണ ഭൂക്ഷാ പറയുന്നതിനുള്ള ആഗ്രഹത്തെയാണ് വിപക്ഷ ല്ല പിന്നെന്താണ് മന്ത്രാൻ അധീയ ഉച്ച വിപക്ഷം അതാ ചീത്ത ഒരാള് വേദം അധ്യയനം ചെയ്യാൻ പോകുന്നു ആദ്യ മനസ്സിൽ അങ്ങനെയും ഒരു താല്പര്യം വരുന്നെന്താണോ മന്ത്രാൻ അധീയ ഞാനതാ മന്ത്രാധ്യയനം ചെയ്യാൻ പോകുന്നു സാധാരണ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെന്തോ സത്സംഗത്തിന് പോകുന്നു ഇതാണ് മനസ്സിനും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആ മനസ്സിൽ ആ പ്രവൃത്തിയെ കുറിച്ച് വരുന്ന ഒരു താല്പര്യപൂർവ്വ താല്പര്യരൂപത്തിലുള്ള സങ്കല്പം അതാണ് മനസ്സിനും അതിനെ തുറന്നാലേക്ക് നമ്മുടെ പ്രവർത്തിക്കുന്നു അതിനാണ് ഉദാഹരണം പറഞ്ഞ് മന്ത്രാൻ അധീന മന്ത്രങ്ങൾ ഞാൻ അധ്യയനം ചെയ്യാം ഉച്ചാര അധ്യയനം ചെയ് ഉരിക്കും ഇത്യവും വിവക്ഷം കൃത്യം പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊരു ഇച്ഛാരൂപത്തിലുള്ള സങ്കല്പം വന്നിട്ട് പിന്നെ ചെയ്യുന്നു തഥാ കർമാണിക്കുർവി കർമ്മങ്ങളെ സംബന്ധിച്ചു ഞാൻ ചെയ്യാൻ പോകുന്നു ചികിത്സ ബുദ്ധിയും കൃത്യം അതൊക്കെ പുത്രാം പരി പശുചെയ്യം പുത്രൻ വേണം പശു ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് പുത്രന് വേണ്ടി ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു പശുവിന് വേണ്ടി പശുവിനെ നേടാനുള്ള പ്രവൃത്തി ചെയ്യുന്നു പ്രാപ്തി ഇച്ഛ്തി ഉപായ അനുഷ്ഠാനേനെ ഇച്ഛതേ ആദ്യം ഒരു വസ്തുവിനെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം പൂർവത്തുള്ള സങ്കല്പത്തിന് ശേഷം പ്രയത്നിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തിക്കു മുമ്പ് വരുന്ന ആ സങ്കല്പത്തിനാണ് മനസ്സിനം എന്ന് പറയുന്നത് ഉത്രാദം പ്രാപ്ത പിന്നെ പ്രവർത്തിക്കുന്നുവനെ നേടുന്നു തഥാ ഇതം ച ലോകം അമുംച്ച ഉപായേന ഇച്ഛയനുഷ്ഠാനും അതുപോലെ ഈ ലോകം പ്രാപിക്കും ലോകത്തെ പ്രാപിക്കും ബന്ധപ്പെടുത്തി എന്നിങ്ങനെ ഉപായ അനുഷ്ഠാനത്തിലൂടെ ഇച്ഛിക്കുന്നു അനുഷ്ഠാനത്തെ ഇച്ഛിക്കുന്നു പിന്നെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള മനസ്സ് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് മനസ്സിന്റെ ആ മനസ്സിനെ അതിനുപാസിക്കുക എന്ന് പറയുന്നു മനോഹി ആത്മാ ആത്മന കർത്തൃത്വം ഭോക്തത്വം സതി മനസ്സിൽ പറയുന്നു മനസ്സ് തന്നെയാണ് ആത്മാവ് എന്നുവെച്ചാ ജീവൻ എന്നുള്ള അർത്ഥത്തിൽ പറയും ചിന്തിക്കുന്നവന്റെ ഈ മനസ്സിനെന്ന് പറയുന്ന വ്യാപാരം ചെയ്യുന്നവന്റെ ആത്മാവ് എന്നുവെച്ചാ ജീവരൂപത്തിലിരിക്കുന്നത് അത് ആ മനസ്സ് തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അടുത്ത് പറയുന്നു മനോഹ്യാത്മാത്മ കർത്തൃത്വം ഭോക്തൃത്വം ചെ സതി മനസ്സിനു ഈ കർത്തൃത്വഭോക്തൃത്വവാദികൾ ഇതെല്ലാം മനസ്സുള്ളപ്പോഴേ ഉള്ളു അതല്ലേ ഇവിടെ ജീവനിലന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് ആ ജീവഭാവത്തിൽ ഇരിക്കുന്നതും മനസ്സ് തന്നെയാണ് അതുകൊണ്ട് മനോഹ്യാത്മ ആ കർത്തൃത്വഭോക്തൃത്വാദികൾ ഉള്ളതുകൊണ്ടാണ് മനസ്സിനാത്മാന്ന് പറഞ്ഞത് ഇവിടെ നിർഗുണബ്രഹ്മെന്നുള്ള അർത്ഥമല്ല എന്ന് ഭാഷകാലം വ്യക്തമാക്കുന്നു മനോഹി ലോക ലോകമെല്ലാം മനസ്സാണ് സത്യവേ മനസ്സ് ലോകോ ഭവതി പറയുന്നു മനസ്സുണ്ടെങ്കിലേ ലോകമാണോ അല്ലെങ്കിൽ എവിടെ ലോകം തത്പ്രാപ്തി ഉപായ അനുഷ്ഠാനം ചെയ്തി മനോഹി ലോകം അതുമാത്രവുമല്ല ലോകം എന്ന് വെച്ചാൽ കർമ്മഫലം എന്നും അർത്ഥമുണ്ട് അതിൻ്റെ ഉപായം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നത് മനോഹി ബ്രഹ്മ കൊണ്ടുവരുന്ന മനസ്സ് തന്നെയാണ് സർവവുമായിരിക്കുന്നത് ബ്രഹ്മമായിരിക്കുന്നത് എന്തുണ്ട് മനസ്സാണ് സർവവുമായിരിക്കുന്നത് സർവമായിരിക്കുന്നതാണ് ബ്രഹ്മം അവരുടെ മനസ്സിൻ്റെ ബ്രഹ്മം ഏതൈവം തസ്മാനോ പാസ്വാ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക മനസ്സാണ് ബ്രഹ്മം എന്ന് പാസിക്കുക മനസ്സിന് ഇങ്ങനെ പല ഭാവങ്ങളുണ്ട് മനസ്സിനം ചെയ്യുന്ന മനസ്സാണ് ജീവനായിരിക്കുന്ന മനസ്സാണ് സർവാത്മകമായിരിക്കുന്ന മനസ്സാണ് അവനസ്സിന് സർവാത്മകമായ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ അങ്ങനെ ഭാവന ചെയ്യുക ശരി ഇവിടെ ഗുരു ഉപദേശിക്കുന്നു സനത് കുമാർ ഉപദേശിക്കുന്നു കേൾക്കുന്നവനോ അതിന്റെ അർത്ഥബോധം ഉണ്ടായാൽ ഇത് ഉപാസനയായി ഇത്രയാകുമ്പോൾ തന്നെ ഉപാസനയായി കാരണം മനസ്സിലാ ഭാവന വന്നു കഴിഞ്ഞു പക്ഷെ ദുഃഖം നിവൃത്തി ഉണ്ടാവുന്നില്ലല്ലോ മാരതിന്റെ ആവശ്യം അതല്ലേ അപ്പോ ചോദിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടോ അവിടെ ചോദിക്കുന്നു അസ്ഥിഭവോ മനസ്സോ ഭൂ ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ഉപാസനുണ്ട് അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല പറയുന്നു മനസ്സോ ഇതിനപ്പുറം ഇനിയുണ്ട് എന്താ എന്താണോ പറഞ്ഞു വരുന്നതിനപ്പുറം ആ ആ ഗിണത്തിൽപ്പെടുന്നതാണ് അല്ലേ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം എടുത്ത് ഒരു തുണിയെടുത്ത് നോക്കി കിണി വേറെ ഏതെങ്കിലും അതിൽ ആ വിഭാഗത്തിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഉണ്ടെന്നാണ് വേറെയൊരു വരയച്ചി വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കത്തില്ലോ അവിടെ തുണിക്കടയില് എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ തുണിയായിരിക്കും ആവശ്യപ്പെടുന്നു അല്ലാതെ വേറെ പ്രവിഷനായിരിക്കും അതുപോലെ ഇവിടെ ഒരു ഉപാസനയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേറെയുണ്ട് ഉപാസന ഈ ഈ ഭാഗത്തിൽപ്പെട്ട ഉപാസനകൾ വേറെ എന്താ കേട്ടോ അങ്ങനെ വേറെ ഒരുപാസനയെ കുറിച്ച് മറ്റൊരു ഉപാസനയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നു ഇതിലൊന്നിനും നാലു സന്തോഷം വരുന്നില്ല കാരണം ദുഃഖം നിവൃത്തി ഉണ്ടാകുന്നില്ല അവസാനം തത്വത്തെ കുറിച്ച് പറയുമ്പോ അപ്പോ ഇത് ഇങ്ങനെ ഓരോന്നും മാറി മാറി മാറി പറഞ്ഞു പോകുന്നത് എന്റെ ശ്രുതിയുടെ താല്പര്യം എന്താണോ ഇതൊന്നും ദുഃഖം നിവൃത്തിക്ക് ഉപകരിക്കത്തില്ല തത്വബോധമല്ലാതെ ക്രതം കൃത്തിയത് സംഭവിക്കത്തില്ല അതുവരെ പലതുകൊണ്ട് ഇതുവരെ പഠിച്ച ശാസ്ത്രങ്ങളെ പോലെ തന്നെ ഉപാസന പദ്ധതികളും പലതുമുണ്ട് എന്ന് മനസ്സിലായിക്കൊടിക്കുന്നു ശരി മന സമാനം അതെന്താണ് പറയുക അടുത്ത സങ്കല്പമുണ്ട് മനസ്സിന് മാത്രമുണ്ട് സങ്കല്പം അതാണ് പറഞ്ഞത് ഒന്നും മറ്റും നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല അങ്ങനെയൊരു ഉപാസന ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് സങ്കല്പത്തെ ഉപാസിക്കാം ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം ചോദ്യം ഇതിങ്ങനെ പറയുന്നു ചിന്തയാണ് നമുക്കെന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നത് അതിവിടെ ചോദിക്കാൻ പാടില്ലെന്ന് ആദ്യമേ പറഞ്ഞു ഇതൊരു വ്യക്തിയില്ല ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് കേൾക്കുക അല്ലെങ്കിൽ നാളെ ഒന്നും വരണ്ട അത് രണ്ട് കാര്യമുണ്ട് ഇതിനകത്ത് സന്തോഷം സന്തോഷം ഉസിപി ഡി